അവർ ജിന്നുകളെ അള്ളാഹുസുബഹാനുഹൂവറ്റ ആലാവിന് പങ്കാളികളാക്കി അവരെ സൃഷ്ടിച്ചത് അവനാണെന്നിരിക്കേ അറിവില്ലാതെ അവർ അവന് പുത്രന്മാരെയും പുത്രിമാരെയും ആരോപിച്ചു അവർ വിശേഷിപ്പിക്കുന്നതിൽ നിന്ന് അവൻ പരിശുദ്ധനും ഉന്നതനുമാകുന്നു